അധ്യായം നാല് എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്നു ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതുപോലെ എന്നെ ഉണർത്തി നീ എന്തു കാണുന്നു എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ ഏഴു വിളക്കും അതിന്റെ തലയ്ക്കലുള്ള ഏഴു വിളക്കിന് ഏഴു കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്ത് ഒന്നും ഇടത്തുഭാഗത്ത് ഒന്നും ഇങ്ങനെ രണ്ട് ഒലിവരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു എന്നോട് സംസാരിക്കുന്ന ദൂതനെന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ സെരു ബാബേലിനോടുള്ള യഹോവിയുടെ അരുളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു സെരു ബാബേലിന്റെ മുമ്പിലുള്ള നീ ആർ നീ സമഭൂമിയായിത്തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു അവന്റെ കൈ തന്നെ അത് തീർക്കും സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ ഏഴ് കണ്ണ് സെരുബാബേലിന്റെ കൈയിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിന് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള രണ്ട് ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു ഞാൻ രണ്ടാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള രണ്ടു നാളത്തിനരികെ പൊൻനിറമായ എണ്ണയൊഴുകുന്ന രണ്ട് ഒലിവു കൊമ്പ് എന്ന് ചോദിച്ചു അവൻ എന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് അതിനവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്നു പറഞ്ഞു